അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂപുകളുടെ തലയ്ക്കുമീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ലുപോലെ സിംഹാസനത്തിന്റെ സാദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു അവൻ ക്ഷണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു നീ കെരൂപിന്റെ കീഴെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ ചെന്ന് കെരൂപകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈനിറയെ തീക്കണലെടുത്ത് നഗരത്തിന്മേൽ വിതറുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ കാണുക അവൻ ചെന്നു ആ പുരുഷൻ അകത്തു ചെല്ലുമ്പോൾ കെരൂപുകൾ ആലയത്തിന്റെ നിന്നു മേഘവും അകത്തെ പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു എന്നാൽ യഹോബിയുടെ മഹത്വം കെരൂപിൻമേൽ നിന്ന് പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്കുമീത് നിന്നു ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു പ്രാകാരവും ഈ ഹോവിയുടെ മഹത്വത്തിന്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു കെരൂപുകളുടെ ചിറകുകളുടെ ഇരച്ചിൽ പുറത്തെ പ്രാകാരം വരെ സർവശക്തനായ ദൈവം സംസാരിക്കുന്ന നാദം പോലെ കേൾപ്പാനുണ്ടായിരുന്നു എന്നാൽ അവൻ ക്ഷണവസ്ത്രം ധരിച്ച പുരുഷനോട് നീ കെരൂപുകളുടെ ഇടയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ നിന്ന് തന്നെ തീയെടുക്ക എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ ചെന്ന് ചക്രങ്ങളുടെ അരികെ നിന്നു ഒരു കെരൂപ് കെരൂപകളുടെ ഇടയിൽ നിന്ന് തന്റെ കൈ കെരൂപുകളുടെ നടുവിലുള്ള തീയിലേക്ക് നീട്ടി കുറയെടുത്ത് ക്ഷണവസ്ത്രം ധരിച്ചവന്റെ കൈയിൽ കൊടുത്തു അവനതു വാങ്ങി പുറപ്പെട്ടുപോയി കെരൂപകളിൽ ചിറകുകൾക്ക് കീഴെ മനുഷ്യന്റെ കൈ പോലെ ഒന്ന് കാണായി വന്നു ഞാൻ കെരൂപകളുടെ അരികെ നാല് ചക്രം കണ്ടു ഓരോ അരികേ ഓരോ ചക്രം ഉണ്ടായിരുന്നു ചക്രങ്ങളുടെ കാഴ്ച പുഷ്പരാഗം പോലെ ആയിരുന്നു അവയുടെ കാഴ്ചയോ നാലിനും ഒരു ഭാഷയായിരുന്നു ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രമുള്ളതുപോലെ തന്നെ അവയ്ക്ക് നാലു ഭാഗത്തേക്കും പോകാം തിരുവാനാവശ്യമില്ലാതെ തല നോക്കുന്നയിടത്തേക്ക് അതിന്റെ പിന്നാലെ അവ പോകും പോകുമ്പോൾ തിരികെയുമില്ല അവയുടെ ദേഹത്തിലെങ്ങും മുതുകിലും കയ്യിലും ചിറകിലും ചക്രത്തിലും നാലിനും ഉള്ള ചക്രത്തിൽ തന്നെ ചുറ്റും അടുത്തെടുത്ത് കണ്ണ് ഉണ്ടായിരുന്നു ചക്രങ്ങൾക്കോ ഞാൻ കേൾക്കേ ചുഴലികൾ എന്ന് പേർ വിളിച്ചു ഓരോന്നിനും നന്നാലു മുഖം ഉണ്ടായിരുന്നു ഒന്നാമത്തെ മുഖം കെരൂപ മുഖവും രണ്ടാമത്തേത് മാനുഷ്യമുഖവും മൂന്നാമത്തേത് സിംഹമുഖവും നാലാമത്തേത് കഴുക മുഖവും ആയിരുന്നു കെരൂപകൾ പൊങ്ങി ഇത് ഞാൻ കെബാർ നദീതീരത്തു വെച്ച് കണ്ട ജീവി തന്നെ കെരൂപുകൾ പോകുമ്പോൾ ചക്രങ്ങളും ചേരത്തന്നെ പോകും ഭൂമിയിൽ നിന്ന് പൊങ്ങുവാൻ കെരൂപുകൾ ചിറകുവിടർത്തുമ്പോൾ ചക്രങ്ങൾ അവയുടെ പാർശ്വം വിട്ട് മാറുകയില്ല ജീവിയുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നതുകൊണ്ട് അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും അവ പൊങ്ങുമ്പോൾ ഇവയും പൊങ്ങും പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂപകളിൻമീതെ വന്നു നിന്നു അപ്പോൾ കെരൂപുകൾ ചിറക് വിടർത്തി ഞാൻ കാണെ ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേരത്തന്നെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതുക്കൽ ചെന്നു നിന്നു ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്കുമീതേ നിന്നു ഇത് ഞാൻ കെബാർ നദീതീരത്തു വെച്ച് ഇസ്രയേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട ജീവി തന്നെ അവ കെരൂപകളെന്ന് ഞാൻ ഗ്രഹിച്ചു ഓരോന്നിനും നന്നാലു മുഖവും ഉണ്ടായിരുന്നു ചിറകൻ കീഴെ മാനുഷ്യക്കൈ പോലെ ഒന്നുണ്ടായിരുന്നു അവയുടെ മുഖരൂപം വിചാരിച്ചാൽ ഞാൻ നദി നദീതീരത്തു വെച്ച് കണ്ട മുഖങ്ങൾ തന്നെ ആയിരുന്നു അവയുടെ ഭാഷയും അവയൊക്കെയും തന്നെ അവ ഓരോന്നും നേരെ മുമ്പോട്ടു തന്നെ പോകും